മനുഷ്യനോട് നീ സത്യനിഷേധിയാവുക എന്നു പറഞ്ഞ പിശാജിനെ പോലെയാണത് എന്നാൽ അവൻ സത്യനിഷേധിയായപ്പോൾ പിശാജു പറഞ്ഞു തീർച്ചയായും ഞാൻ നിന്നിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ലോകരക്ഷിതാവായ അല്ലാഹു സുബഹാനഹൂവറ്റായാലയെ ഞാൻ ഭയപ്പെടുന്നു